ധ്യായം പത്തൊൻപത് അതിന് ഈയോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ എത്രത്തോളം എന്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും ഇപ്പോൾ പത്തു പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല ഞാൻ തെറ്റിപ്പോയത് വാസ്തവമെന്നു വരികിൽ തെറ്റ് എനിക്ക് തന്നെ അറിയാം നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ചു എന്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നു എങ്കിൽ ദൈവമെന്നെ മറിച്ചു കളഞ്ഞു തന്റെ വലയിലെന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിവേൻ അയ്യോ ബലാത്കാരമെന്ന് ഞാൻ നിലവിളിക്കുന്നു കേൾപ്പോരില്ല രക്ഷയ്ക്കായി ഞാൻ മുറയിടുന്നു ന്യായം കിട്ടുന്നതുമില്ല എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവൻ എന്റെ വഴി കെട്ടിയടച്ചു എന്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു എന്റെ തേജസ് അവൻ എന്റെ മേൽ നിന്ന് ഊരിയെടുത്തു എന്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു എന്റെ കഥ കഴിഞ്ഞു ഒരു വൃക്ഷത്തെപ്പോലെ എന്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു അവൻ തന്റെ കോപം എന്റെ മേൽ ജ്വലിപ്പിച്ചു എന്നെ തനിക്ക് ശത്രുവായി എണ്ണുന്നു അവന്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു അവർ എന്റെ നേരെ തങ്ങളുടെ വഴി നിരത്തുന്നു എന്റെ കൂടാരത്തിൽ ചുറ്റും പാളയമിറങ്ങുന്നു അവർ എന്റെ സഹോദരന്മാരെ എന്നോടകറ്റളഞ്ഞു എന്റെ പരിചയക്കാർ എനിക്ക് അന്യരായിത്തീർന്നു എന്റെ ബന്ധുജനം ഒഴിഞ്ഞുമാറി എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നുകളഞ്ഞു എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു ഞാൻ എന്റെ ദാസനെ വിളിച്ചു അവൻ വിളി കേൾക്കുന്നില്ല എന്റെ വായിക്കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും എന്റെ യാചന എന്റെ ഉടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു പിള്ളരും എന്നെ നിരസിക്കുന്നു ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു എന്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു എന്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു പല്ലിന്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു സ്നേഹിതന്മാരെ എന്നോട് കൃപ തോന്നണമേ കൃപ തോന്നണമേ ദൈവത്തിന്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു ദൈവമെന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്റെ മാംസം തിന്ന് തൃപ്തി എന്ത് അയ്യോ എന്റെ വാക്കുകളൊന്ന് എഴുതിയെങ്കിൽ ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചെങ്കിൽ കൊള്ളായിരുന്നു അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ ഒടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹ സഹിതനായി ദൈവത്തെ കാണും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിന്റെ മൂലം എന്നിൽ കാണുന്നു എന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ വാളിനെ പേടിപ്പീൻ ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു ഒരു ന്യായവിധി ഉണ്ടെന്ന്